നിനക്ക് മുൻപും നിന്റെ ജനതകളിലേക്ക് ദൂതന്മാരെ നാം അയച്ചിട്ടുണ്ട് അവർ വ്യക്തമായ തെളിവുകളുമായി വന്നു എന്നാൽ കുറ്റവാളികളായവരിൽ നിന്ന് നാം പ്രതികാരം ചെയ്തു വിശ്വാസികൾക്ക് സഹായം നൽകുക എന്നത് നമ്മുടെ നിർബന്ധമായ കാര്യമായിരുന്നു